ം പതിനൊന്ന് ജനത്തിന്റെ പ്രഭുക്കന്മാർ എരുശലിമിൽ പാർത്തു ശേഷം ജനം പത്തുപേരിലൊരാളെ വിശുദ്ധ നഗരമായ എരുശലിമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും ഒൻപതു പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിപ്പാനും തക്കവണ്ണം ചീട്ടിട്ടു എന്നാൽ എരുശലിമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു യെരുശലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു യഹൂദ നഗരങ്ങളിൽ ഇസ്രയേലൃ പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരും ശലോമോന്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു യരുഷലേമിൽ ചില യഹൂദ്യരും ബന്യാമീനരും പാർത്തു യഹൂദ്യർ ആരെല്ലാമെന്നാൽ പേരസിന്റെ പുത്രന്മാരിൽ മഹലീലിന്റെ മകനായ അമരിയാവിന്റെ മകനായ സെഖരിയാവിന്റെ മകനായ ഊസിയാവിന്റെ മകൻ അഥായാവും ഷീലോന്യന്റെ മകനായ സെഖരിയാവിന്റെ മകനായ യോയാരീബിന്റെ മകനായ അദായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കോൽഹൊസേയുടെ മകനായ ബാരൂഖിന്റെ മകൻ മയസേയാവും തന്നെ യെരുഷലേമിൽ പാർത്ത പേരസിന്റെ മക്കൾ ആകെ െട്ട് പരാക്രമശാലികൾ ബെന്യാമീന്യാർ ആരെല്ലാമെന്നാൽ സല്ലു അവൻ മെഷുല്ലാമിന്റെ മകൻ അവൻ യോവേദിന്റെ മകൻ അവൻ പെതായാവിന്റെ മകൻ അവൻ കോലായാവിന്റെ മകൻ അവൻ മയസേയാവിന്റെ മകൻ അവൻ ഇഥിയേലിന്റെ മകൻ അവൻ യശയ്യാവിന്റെ മകൻ അവന്റെ ശേഷം ഗബ്ബായി സല്ലായി ആകെ സിക്റയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസന്നുവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനും പുരോഹിതന്മാരിൽ യോയാരീബിന്റെ മകനായ യഥായാവും യാഖീനും അഹിത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദൂക്കിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായി ദൈവാലയപ്രഭുവായ സെരായാവും ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരും മൽക്യാവിന്റെ മകനായ പശൂരിന്റെ മകനായ സെഖരിയാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യരോഹാമിന്റെ മകൻ ആദായാവും പ്രദർഭവനത്തലവന്മാരായ അവന്റെ സഹോദരന്മാർ ഇരുന്നൂറ്റി പേരും ഇമ്മേരിന്റെ മകനായ മെസില്ലേമോത്തിന്റെ മകനായ അഹ്സായിയുടെ മകനായ അസരേലിന്റെ മകൻ അമശസായിയും അവരുടെ സഹോദരന്മാരായ പരാക്രമശാലികളും ഇവരുടെ പ്രമാണി ഹഗേദോലീമിന്റെ മകനായ സബ്ദിയേൽ ആയിരുന്നു ലേവ്യരിൽ ഭൂഞ്ഞയുടെ മകനായ ഹഷബ്യാവിന്റെ മകനായ അസ്രീഖാമിന്റെ മകനായ അശൂബിന്റെ മകൻ ഷമയ്യാവും ലേവ്യരുടെ തലവന്മാരിൽ ദേവാലയത്തിന്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ഷബത്തായിയും യോസാബാദും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്ത്രോത്രമാരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമൻ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബഖ്ബൂക്യാവും യദൂഥുന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമ്മുവയുടെ മകൻ അബ്ദയും തന്നെ വിശുദ്ധ നഗരത്തിലുള്ള ലേവ്യർ ആകെത്തിനാല് പേർ വാതിൽക്കാവൽക്കാരായ അക്കൂബും തൽമോനും വാതിലുകൾക്കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും എഴുപത്തിരണ്ടു പേർ ശേഷം ഇസ്രയേലിലും പുരോഹിതന്മാരും ലേവ്യരും യഹൂദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താൻ തന്റെ അവകാശത്തിൽ പാർത്തു ദൈവാലയദാസന്മാരോ ഓഫെലിൽ പാർത്തു സീഹയും ഗിഷ്പയും ദൈവാലയദാസന്മാരുടെ പ്രമാണികൾ ആയിരുന്നു ദൈവാലയത്തിലെ വേലയ്ക്ക് എരുഷലേമിലുണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി ആസാഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിന്റെ മകനായ ഹസബ്യാവിന്റെ മകനായ ബാനിയുടെ മകൻ സംഗീതക്കാരെക്കുറിച്ച് രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യച്ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു യഹൂദയുടെ മകനായ സേരഹിന്റെ പുത്രന്മാരിൽ മെസ്സേസബേലിന്റെ മകനായ ഫെതഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥൻ ആയിരുന്നു ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ യഹൂദീരിൽ ചിലർ കിരിയത്തർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും ദീപോനിലും അതിന്റെ ഗ്രാമങ്ങളിലും യഹബ്സയലിലും അതിന്റെ ഗ്രാമങ്ങളിലും യേശുവയിലും മോലാദയിലും ബേത്പേലദിലും ഹസർഷുവാലിലും ബെർഷേബയിലും അതിന്റെ ഗ്രാമങ്ങളിലും സിക്ലാഗിലും മെഖോനയിലും അതിന്റെ ഗ്രാമങ്ങളിലും ഏൻദ്രിമ്മോനിലും സോരയിലും യാർമൂത്തിലും സനോഹയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാഖീഷിലും അതിന്റെ വയലുകളിലും അസേക്കയിലും അതിന്റെ ഗ്രാമങ്ങളിലും പാർത്തു അവർ ബെർഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു ബെന്യാമീന്യർ ഗേബ മുതൽ മിക്മാശുവരെയും അയ്യയിലും ബേതലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമയിലും ഗിഥായിമിലും ഹാദീദിലും സെബോയിമിലും നെബല്ലാത്തിലും ലോതിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു യഹൂദയിലുണ്ടായിരുന്ന ലേവ്യരുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു